അധ്യായം ആറ് ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് നാല് രഥം പുറപ്പെടുന്നത് കണ്ടു ആ പർവ്വതങ്ങളോ താമ്ര പർവ്വതങ്ങൾ ആയിരുന്നു ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും നാലാമത്തെ രഥത്തിന് പുള്ളിയും കരാൽ നിറവുമുള്ള കുതിരകളെയും പൂട്ടിയിരുന്നു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് യജമാനനെ ഇതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു ദൂതനെന്നോട് ഉത്തരം പറഞ്ഞത് ഇത് സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നിട്ട് ആകാശത്തിലെ നാല് കാറ്റ് ആകുന്നു കറുത്ത കുതിരകളുള്ളത് വടക്കേദേശത്തിലേക്ക് പുറപ്പെട്ടു വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു ുള്ളിയുള്ളവ തെക്കേദേശത്തേക്ക് പുറപ്പെട്ടു കരാൽ നിറമുള്ളവ പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പീനെന്ന് അവൻ കൽപ്പിച്ചു അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു അവൻ എന്നോട് ഉറക്കവിളിച്ചു വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തിങ്കൽ എന്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവിയുടെ എളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നീ ഹെൽദായി തോബിയാവ് യദായാവ് എന്നി പ്രവാസികളോട് വാങ്ങുക അവർ ബാബേലിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന സെഫന്യാവിന്റെ മകനായ യോശിയാവിന്റെ വീട്ടിൽ നീ അന്ന് തന്നെ ചെല്ലണം അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോ മകനായ യോശുവയുടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ടത് എന്തെന്നാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു മുള എന്ന് പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് ഈ പണിയും അവൻ തന്നെ ഈ ഹോവയുടെ പണിയും അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും ആ കിരീടമോ ഹേലം തോബിയാവ് യഥായാവ് സെഫന്യാവിന്റെ മകനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി ഈ ഹോവയുടെ മന്ദിരത്തിൽ എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് ഈ ഹോവയുടെ മന്ദിരത്തിങ്കൽ പണിയും സൈന്യങ്ങളുടെ ഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങളറിയും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും